സ്വപ്നത്തിൻ്റെ അവശിഷ്ടങ്ങൾ നാടകം രചന ദാമോദരൻ കുളപ്പുറം അഭിനേതാക്കൾ രചിതാ മധു ജോയ് ജയരാമൻ ചെറുവത്തൂർ ബാലൻ പാടിയിൽ സി ഭാസ്കരൻ കൊയ്യം ബാബുരാജ് അയ്യല്ലൂർ ബാലകൃഷ്ണൻ ചാലിൻ സംവിധാനം വി സ്വപ്നത്തിന്റെ അവശിഷ്ടങ്ങൾ വിഷു കോളേജിനടുത്തുള്ള ഹൗസിംഗ് കോളനിയിൽ ഒരു വീട് വിൽക്കുന്നുണ്ടെന്ന് സൂരജ് പറഞ്ഞു നമുക്കൊന്ന് ചെന്ന് നോക്കിയാലോ അവിടെ എന്തുകൊണ്ട് സൗകര്യമുള്ള സ്ഥലമാണ് ടൗണിലേക്ക് ചെറിയ ദൂരമേ ഉള്ളൂ എനിക്ക് ബാങ്കിൽ പോകുവാനും നിങ്ങൾക്ക് സ്കൂളിൽ പോകുവാനൊക്കെ വളരെ സൗകര്യം ആതിരക്കും സ്ഥലം നന്നായി ഇഷ്ടപ്പെടും ശരി വൈകുന്നേരം സ്കൂൾ വിട്ടതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരാം ുണ്ട് അതിനിലാണ് ഹൗസിംഗ് കോളേജ് മൊത്തം ഇരുപത് വീടുകൾ ഡോക്ടർമാർ കോളേജ് അധ്യാപകർ ബിസിനസുകാർ ഗൾഫ് പാർട്ടി അങ്ങനെ ഒരു കോളനിയിൽ സമൂഹത്തിന്റെ വ്യത്യസ്ത മുഖങ്ങൾ സൂരജ് പറഞ്ഞത് കേട്ടപ്പോ ഇത് നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ എന്തുകൊണ്ട് പറ്റില്ല ഞാനൊരു ഹൈസ്കൂൾവാധ്യാരാണേ അതുകൊള്ളം നിർമലു രണ്ടുപേർക്കും അത്യാണി കിട്ടാൻ ഒരു വഴിയില്ല പക്ഷെ ദൈവം നിങ്ങൾക്ക് ഒരു കൈമണി തന്നിരിക്കുന്നു എന്ന് കരുതിയാൽ മാത്രം മതി ഇപ്പോൾ തന്നെ ഈ വീടിന് ആരൊക്കെയാ വന്ന് വിലപേശുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മേനോൻ സാറിന്റെ വീടാണ് അദ്ദേഹത്തിന് ബാങ്കിലെ ജോലി അവരുടെ നാട് പാലക്കാട്ടാ മേനോൻ സാർ ഇപ്പോൾ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയി അദ്ദേഹത്തിന്റെ അമ്മയും ഇവിടെ ആയിരുന്നു താമസം കഴിഞ്ഞ വർഷം മരിച്ചുപോയി എന്നെങ്കിൽ ഇവിടം വിട്ടു പാലക്കാട്ടേക്ക് പോകുമ്പോൾ അന്യജാതിക്കാർക്ക് വീട് വിൽക്കരുതെന്ന് അമ്മ മകനോട് പ്രത്യേകം പറഞ്ഞിരുന്നു പണമൊന്നും മേനോൻ സാറിന് ഒരു പ്രശ്നമല്ല അമ്മയുടെ ആഗ്രഹം നിറവേറ്റണമെന്നാണ് പ്രധാന കാര്യം നിങ്ങൾക്കാണിതെന്ന് അറിഞ്ഞാൽ മേനോൻ സാറിന് വളരെ സന്തോഷാവും അതാ ഞാൻ പറഞ്ഞത് ഇത് ദൈവത്തിന്റെ കൈമണിയാണെന്ന് ഇവിടെ നിർത്തിയേ ആരാ വീട് നോക്കം വന്നതാണ് വിശ്വനാഥൻ മാഷൻ നിർമ്മലിച്ച് മേനോൻസാറില്ലേ അകത്തുണ്ട് വിളിക്കാം മേനോൻ സാറിന്റെ ഭാര്യയാണ് സംഗീതത്തെ വലിയ ഭ്രമമാണ് എപ്പോഴും ഒരു വലിയ വരിലും തൂക്കിയിട്ടാ നടത്തും മേനോൻ സാറിന്റെ അടുത്ത് നിൽക്കുമ്പോൾ അത് അയാളുടെ മകളാണെന്ന് ആരും പറയും എല്ലാവരും അകത്ത് കടന്നിരിക്കും ഇത് വിശ്വനാഥ മാഷം ഇവിടുത്തെ ഹൈസ്കൂളിൽ പഠിപ്പിക്കും നിർമ്മലിൽ ഇവര് സന്തോഷം ഒറ്റ നോട്ടത്തിൽ വളരെ ആകർഷകമായ വീട് സിറ്റ് ഔട്ട് സെൻട്രൽ ഹാൾ രണ്ട് ബെഡ്റൂം കിച്ചൺസ് മുറി എല്ലാം വളരെ സൗകര്യം മനോഹരമായ ചിത്രത്തൂണുകൾ കൊണ്ടും പരവതാനികൾ കൊണ്ടും പുരാതനമായ ശില്പങ്ങൾ കൊണ്ടും ഭംഗിയായി അലങ്കരിച്ചൊരു വീട് കടഞ്ഞെടുത്തു വാങ്ങിയതാണ് ഈ വാതിലുകളും അലമാരകളും ഒക്കെ വളരെ ചെറിയ തുകയ്ക്ക് അന്ന് എന്നെ പരിഹസിച്ചു പണിയൊക്കെ തീർന്ന് ഗൃഹപ്രവേശനത്തിന് വന്ന സുഹൃത്തുക്കളൊക്കെയും എന്നെ പ്രശംസിച്ചു എല്ലാവർക്കും വീട് വളരെ ഇഷ്ടമായി ബാങ്കിങ് മാനേജ്മെന്റിൽ മാത്രമല്ല വാസ്തു നിർമ്മാണത്തിലും എനിക്ക് വൈദഗ്ധ്യമുണ്ടെന്ന് അവരൊക്കെ സമ്മതിച്ചു സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് തൊഴിൽ കൊണ്ട് ബാങ്കിലും ഒരു സംഗീതം അല്ലേ അമ്മ വഴിയാണ് എനിക്ക് സംഗീതത്തിൽ താല്പര്യമുണ്ടായത് അനുപമയെയും സംഗീതം അഭ്യസിപ്പിച്ചത് അമ്മ തന്നെയാണ് പെട്ടെന്നായിരുന്നു അമ്മയുടെ മരണം ഒരു ശ്രുതി മുറിഞ്ഞു പോലെ വിശ്വാസമെന്നോ അന്ധവിശ്വാസമെന്നോ പറയാവുന്ന ചില വിശ്വാസങ്ങൾ അമ്മയ്ക്കുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും ഈ വീട് ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ അന്യജാതിക്കാർക്ക് ഈ വീട് കൈമാറരുതെന്ന് ഒരു സംസ്കാരത്തെ മറ്റൊരു സംസ്കാരം കൊണ്ട് നേരിടരുതെന്ന് അമ്മ കരുതിയിട്ടുണ്ടാവാം നമ്മളൊക്കെ പറയുന്ന അധിനിവേശത്തെ അമ്മയും വൃത്തിരുന്നുവെന്ന് കരുതണം ആ ഇരിക്കൂ വീടിനകവും പുറവും എല്ലാം കണ്ടുവല്ലോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കതുപോലെ ചെയ്യാം ആലോചിച്ചിട്ട് വിവരം പറയൂ എന്താ ശരി എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങും ഇപ്പോൾ എന്തു തോന്നുന്നു ഒരു അപൂർവ മനുഷ്യനെയാണ് സൂരജ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് എനിക്ക് എനിക്കും വീട് വളരെ ഇഷ്ടപ്പെട്ടു എന്നാൽ ഇത്രയേറെ ഭംഗിയുള്ളൊരു വീടിന് വില പറയാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കില്ല ഇതുപോലൊരു വീട് വിലക്ക് വാങ്ങാൻ വന്നതിൽ എനിക്ക് എന്നോട് തന്നെ നീരസം തോന്നുന്നു സംശയിച്ചു സമയം കളയാതെ ഇത് ദൈവത്തിന്റെ കൈമണിയാണ് സൂരജ് പറഞ്ഞത് ശരി തന്നെ പക്ഷേ എന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു സംശയമാണ് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതാണെങ്കിലും അതിലെ സത്യാവസ്ഥ ഞാൻ അംഗീകരിക്കുന്നു ഒരു കാര്യത്തിലും മുന്നിലും പിന്നിലും നോക്കാതെ എടുത്തു ചാടാൻ ഞാനില്ല അറിവുള്ളവനെ ഭയമുണ്ടാകും ചൊല്ലുണ്ട് ഓഹോ അപ്പൊ എനിക്കറിവില്ലെന്നാണോ സ്വന്തം ബുദ്ധി കൊണ്ട് പരീക്ഷ എഴുതി ബാങ്കിൽ ജോലി നേടിയവളാ ഞാൻ എന്നാൽ ഞങ്ങൾ അതിൽ ും മറ്റുമായി കരുതി വെച്ചതാ ചിട്ടുകളും എന്നാലും മതിയാവാതെ വന്നാൽ ആ പണം എങ്ങനെ സംഘടിപ്പിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാനും അത് തന്നെ എല്ല ഒരു മായിക സ്വപ്നം പോലെ തോന്നുന്നു ഇതാ എന്റെ കയ്യിൽ കുറച്ച് പണമുണ്ട് താൻ വന്നതൊന്ന് ചോദിക്കുകയേ വേണ്ടു തരാൻ ഞാൻ എപ്പോഴേ തയ്യാർ എന്ന ഒരു പണം ചോദിച്ചു എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു വീട് കാണാൻ പണം സ്വരൂപിക്കാൻ സ്വത്ത് രജിസ്റ്റർ ചെയ്യിക്കാൻ എല്ലായിടത്തും സൂരജിന്റെ സഹകരണം ഉണ്ടായിരുന്നു അവസാന റൗണ്ടിൽ ചെറിയൊരു തുകയുടെ കുറവുണ്ടായപ്പോൾ പണം കടം കൊടുക്കുന്ന ഒരാളെ സൂരജാണ് പരിചയപ്പെടുത്തുന്നത് ആള് ബ്ലേഡാണ് വിശ്വാസം ും നൽകാൻ തയ്യാറുള്ള സൂര്ജ് പറഞ്ഞത് അതോ എനിക്ക് അങ്ങനെ തോന്നിയതാണ് ഏതായാലും നിർമ്മല സൂരജിനെ പരിചയപ്പെടുത്തുന്നത് നന്നായി ആ നോക്ക് വിശ്വം സ്റ്റേഡിയം കോംപ്ലക്സിൽ സൂരജിന്റെ പരിചയക്കാരന്റെ ഒരു ഫർണിച്ചർ ഷോപ്പുണ്ട് കുറച്ചു തുക ആദ്യം കൊടുത്താൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്നെടുക്കാം ബാക്കി തുക പിന്നെ കൊടുത്താ മതി അത്യാവശ്യമായി വേണ്ടത് എന്തൊക്കെയാണ് മേശ കസേര അലമാര ആ സോഫ സെറ്റ് എന്തായാലും വേണം ആ പിന്നെ വീട്ടുകൂടലിന് വളരെ അടുത്ത സുഹൃത്തുക്കളെയൊക്കെ ക്ഷണിക്കണ്ടേ ഒഴിച്ചു കൂടാൻ പറ്റാത്തവരെ മാത്രം മതി കോളനിയിലുള്ളവരെയോ അതൊന്നും വേണം അയ്യോ അത് പറ്റില്ല കോളനിയിൽ എല്ലാവരെയും എന്നെങ്കിലും ഒരു ആവശ്യം വന്നാ പാഞ്ഞു വരേണ്ടവരല്ലേ അവരെ അതൊന്നും നീ പ്രതീക്ഷിക്കേണ്ട ഇത് നാട്ടിൻപുറവൊന്നും ഓരോരുത്തരും അവരവരുടെ കുടുംബമായി ഒതുങ്ങി കഴിയുന്നവരാണ് എന്നാലും ലോകം എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ അത് ശരിയാണ് മറ്റുള്ളവരെ നാം മാതൃകയാക്കാതിരിക്കുന്നതാണ് നല്ലത് അവനവൻ തന്നെ അവനവന് മാതൃകയായി ജീവിക്കുക കോവലിൽ നിന്ന് എല്ലാവരും വന്നിട്ടില്ലേ അജിത് നാരായണൻ ഒഴികെ ബാക്കി എല്ലാ വീട്ടിൽ നിന്നും ആളുകൾ വന്നിരുന്നു അജിത് നാരായണൻ വരാൻ പറ്റില്ലെന്ന് അറിയിച്ചിരുന്നു അവന്റെ ഭാര്യ പ്രസവിച്ച ആശുപത്രിയിൽ കിടക്കുകയാണ് ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു ദിവാകരേട്ടനോ വാ ഞാനിപ്പോ വന്നേ ഉള്ളൂ വണ്ടി കുറച്ച് ആദ്യം വീടൊന്ന് കാണട്ടെ വാ നന്നായിട്ടുണ്ട് ഇക്കാലത്ത് ഇങ്ങനെ ഒരു വീട് കിട്ടുന്നത് മഹാഭാഗ്യമെന്ന് വേണം പറയാൻ പുതുതായ ഒരു വീട് നിർമ്മിക്കുമ്പോഴേ അതിന്റെ വിഷമം അത് ശരിയാ കഴിയുമെങ്കിൽ വീട് നിർമ്മാണം ഏതെങ്കിലും ആർക്കിട്ടക്കിന് ഏൽപ്പിക്കുന്നത് നല്ലത് ടെൻഷൻ കുറഞ്ഞു കിട്ടും കല്ലും പൂഴിയും സിമെന്റും പണം കൊടുത്താ കിട്ടും പണിക്കാരെ കിട്ടാനാ വിഷമം കൽപ്പണിക്കാരനുണ്ടെങ്കിൽ ആചാരം ഉണ്ടാവില്ല ിൽ വാർപ്പ് മണിക്കാരനുണ്ടാവില്ല അതും ശരിയാ കഴിഞ്ഞ വരവില് പെങ്ങൾക്ക് വേണ്ടി ഇവിടെ അടുത്ത് ഞാനൊരു വീട് നോക്കാൻ പോയിരുന്നു സാമാന്യ സൗകര്യങ്ങളൊക്കെയുള്ളൊരു വീടും പതിനൊന്നര സെന്റ് സ്ഥലവും തേപ്പൊക്കെ ബാക്കിയുണ്ടെങ്കിലും ഒന്നൊന്നര ചെലവായിട്ടുണ്ടാവും നാലര വരെ കൊടുക്കാൻ ഞാൻ തയ്യാറായതാ പുളി സ്വന്തമായി താമസിക്കാൻ വേണ്ടി പഠിതാ ധൈര്യമായിട്ട് ആകാന്ന് എനിക്കും തോന്നി വീട് വിൽക്കുന്നതിനോട് അങ്ങനെ ഒരു ഭാര്യക്കൊട്ടും താല്പര്യം വീട് നോക്കാൻ പോയവരോടൊക്കെ പിന്മാറാൻ വേണ്ടി അവർ കരഞ്ഞു പറഞ്ഞു അവരുടെ സങ്കടം കണ്ടപ്പോ ഞാനതങ്ങ് വേണ്ടാന്ന് വെച്ചു അത് ശരി നിങ്ങൾ ഇങ്ങനെ വന്നേ ആ പായസം ഇങ്ങെടുക്കാനാ ചായ വേണമെന്നില്ല ഞാനല്പം അതെനിക്ക് മനസ്സിലായി എന്നാലും ഒരു ഗ്ലാസ് ചായ അല്ലേ മാഷ് കഴിക്കുവോ ചോദിച്ചാൽ ഇല്ല ഇല്ല ചോദിച്ചാൽ കമ്പനിക്ക് വേണ്ടി ആരുടെയും കൂടി ഇരിക്കും നല്ല മൂട് തോന്നിയാൽ ഒരു പെഗ് ഇട്ടെന്ന് വരും വേറൊരു പെഗ് ഓ മാഷന്മാരങ്ങനെ ഒന്നും കഴിക്കില്ലല്ലേ ഓ അതൊക്കെ പണ്ട് ഇപ്പം മാഷന്മാര കൂടുതലും കുടിക്കുന്നത് അതും ചെറിയ പിള്ളന്മാര് പക്ഷെ വിശ്വനാഥ മാഷ് അങ്ങനെയല്ല വീട്ടിൽ കുറച്ച് സാധന നമുക്ക് ഒന്ന് കൂടാം മാഷ് വരൂ വരുത്താം ശ്രമിച്ച രണ്ട് ഗ്ലാസ് കൂടി കുടിക്കാം സൂരജ് ഓസിക്ക് പ്രമേഹം വാങ്ങാൻ തയ്യാറാണെങ്കിൽ എത്ര ഗ്ലാസ് വേണമെങ്കിലും കുടിച്ചോ നമുക്കിന്ന് രണ്ട് അതിഥികളുണ്ട് വിശ്വനാഥം മാഷും സൂരജും ഇവരെ ഞാനിന്നൊന്ന് സൽക്കരിക്കാൻ പോവാം വരൂ മാഷെ നമുക്ക് മുകളിലെ മുറിയിലിരിക്കാം ഏ ഇതാ മുറി വളരെ സുരക്ഷിതമായ സ്ഥലമല്ലേ ഇരിക്കൂ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കമ്പനിക്ക് വേണ്ടി അത്രയേ മാഷിന് വിരോധമൊന്നുമില്ലല്ലോ എല്ലാ മദ്യത്തിലും വീര്യമുണ്ട് എല്ലാ മദ്യത്തിലും വിഷവുമുണ്ട് ഏറെയും കുറഞ്ഞു വിരിക്കുമെന്ന് മാത്രം ഈ ഒരു സത്യം മനസ്സിലാക്കിയ ഒരാളെ പോലെയാണ് ഞാൻ മദ്യത്തിൽ സ്വീകരിക്കുന്നതും തിരസ്കരിക്കുന്നു ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം അതുപോലെ ഇഷ്ടമുള്ള ഭക്ഷണം പ്രിയപ്പെട്ടവരോടൊത്ത് കഴിക്കുന്നതും അതിന്റെ സുഖമൊന്നും വേറെ തന്നെയാണ് പാചക കലയിൽ ഞാനൊരു നടനാണ് വേണമെങ്കിൽ ഒന്നാം തരം സാമ്പാർ ഞാൻ ഉണ്ടാക്കി തരാം ഇറച്ച് വറത്ത് പൊരിച്ച് കറിയാക്കി ഏതു വിധത്തിൽ വേണമെങ്കിലും പാചകം ചെയ്തു തരാം പൊടി രൂപത്തിൽ വേണമെന്ന് മാത്രം അരവിന്റെ അളവ് എനിക്ക് തെറ്റിപ്പോകും മഞ്ഞുതുള്ളികൾ പെയ്തിറങ്ങിയ സൗഹൃദത്തിന്റെ കിരിശൃംഗങ്ങളിൽ എത്തിപ്പെട്ടതുപോലെ തോന്നുന്നു ജീവിതത്തിന്റെ വൻകടലുകൾ താണ്ടി കരയിൽ തിരിച്ചെത്തിയ ഒരു കപ്പിത്താനാണ് ഞാനെന്ന് എനിക്ക് തോന്നാറുണ്ട് ശൂന്യതയിൽ നിന്ന് ഒന്നുമുണ്ടാകുന്നില്ല എന്ന അറിവ് എന്നെ സംബന്ധിച്ചിടത്തോളം പകുതി യാഥാർത്ഥ്യമേ ആകുന്നുള്ളൂ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തൊക്കെയോ ആയിത്തീർന്ന ആളാണ് ഞാൻ കടന്നു വന്ന വഴികൾ യാതനാനിർഭരവും ദുഃഖപൂർണവുമായിരുന്നു എന്ന് നിങ്ങൾ കൂടെ അറിയുന്നത് എനിക്ക് സന്തോഷമുണ്ട് ഇപ്പോൾ ഗൾഫിലെ സ്ഥിതിയൊക്കെ എങ്ങനെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആളുകളൊക്കെ വീണ്ടും പോവാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ ഒരു പ്രശ്നവും എല്ലാം പഴയതുപോലെ ആയിരേട്ട നിങ്ങൾ ഗൾഫിൽ പോയിട്ട് ഇപ്പൊ എത്ര വർഷമായി അറുപത്തെട്ടിലാണ് ഞാൻ ആദ്യമായി ഗൾഫിൽ പോകുന്നത് ഓ ഇന്നത്തെ മാതിരി പ്ലെയിനിലൊന്നും അല്ല അന്ന് ലോഞ്ചിലാ പോയത് എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോ പഠിത്തം വന്നു വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു ഈന്തപ്പന തോട്ടത്തിലെ പഠിക്കാൻ ഒട്ടങ്ങളെ മേയിക്കുന്നവൻ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഹെൽപ്പർ പിന്നെ കുറെ കാലം മെസ് നടത്തിസ്പോർട്ടും വിസയും ഇല്ലാത്തവന്റെ ഒളിത്താവളം അവിടെ ആയിരുന്നു എല്ലാം വിചിത്രമായി തോന്നുന്നു അവിടെ മറ്റൊക്കെ കിട്ടും ഇപ്പോ മദ്യമൊക്കെ വേണ്ടത്ര കിട്ടും പണ്ടൊന്നും സാധാരണക്കാരന് കിട്ടുമായിരുന്നില്ല കൊടും മരുഭൂമിയിലൂടെ ഒട്ടങ്ങളെ മെച്ച് നടക്കുമ്പോ ആകെ ഒരാശ്വാസം തോന്നിയത് നാട്ടിലെ അമ്മയും പെങ്ങന്മാരും സുഖമായി ജീവിക്കുമല്ലോ എന്ന് മാത്രമാണ് ഇപ്പോഴാണ് ഒരു കണക്കിന് ഞാൻ അനുഭവിക്കുന്നത് ആറുമാസം ഗൾഫിലും ആറുമാസം നാട്ടിലും ആ രണ്ടാളും മതിയാക്കിയോ ഏ വേണമെങ്കിൽ ഇനിയുണ്ട് എനിക്ക് മതി എനിക്കും എന്നാൽ സമയം വൈകി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഞാനങ്ങോട്ട് വരടോ ഏ വേണ്ട വേണ്ട ഞങ്ങൾ പോയിക്കോളാം ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഈ കണ്ടീഷനിൽ നിർമ്മലച്ചി എന്നെ കാണേണ്ട ഓക്കെ മദ്യത്തിന് അനേകം മുഖങ്ങളുണ്ട് സ്നേഹത്തിൻ്റെയും സ്നേഹരാഹിത്യത്തിന്റെയും ക്രൂരതയുടെയും മുഖങ്ങൾ സ്വബോധത്തിൽ അവനവന് വേണ്ടിയും ലഹരിയുടെ അബോധത്തിൽ സുഹൃത്തിൻ്റെയും ലോകത്തിന്റെയും മുഴുവൻ നന്മയ്ക്കു വേണ്ടിയും ഒരാൾ പ്രവർത്തിച്ചെന്നിരിക്കും തീയും വിഷവും വിനാശകാരികളാണെന്ന് പൂർണ്ണമായും ശരിയാണ് ചരിത്രത്തിലുടനീളം അതിന്റെ ചുണ്ടപ്പുകളുമുണ്ട് ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഞങ്ങളുടെ ഷോറൂം പ്രവർത്തിക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണിവരെ നിങ്ങൾക്ക് അവിടെ വന്ന് ഇഷ്ടമുള്ള സാധനങ്ങൾ നോക്കിയെടുക്കാവുന്നതാണ് ഇതാ ഈ ബ്രോഷർ നോക്കൂ ഈ ടി കണ്ടില്ലേ ഇതിന് ഇരുപതിനായിരം രൂപ മാത്രമേ ഉള്ളൂ വില തുച്ഛം ഗുണം വെച്ചും ഇന്ന് കമ്പോളത്തിലുള്ള മറ്റെല്ലാ ടിവികളെയും പിന്നിലാക്കുന്ന ഗുണമേന്മയുള്ള ടി ഇതിന്റെ മറ്റൊരു സവിശേഷത എന്തെന്നാൽ തുക ഇരുപത് മാസ തവണകളായി തന്നാൽ മതി എന്നതാണ് ഇത്രയും നല്ല ടി വി ഇത്രയും സൗകര്യത്തോടെ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് വേറെ ലഭിക്കാൻ പോകുന്നില്ല പടം നോക്കി അസൂയപ്പെടുകയെന്ന് വേണ്ട മാഡം എത്രയും വേഗം ഒന്ന് സ്വന്തമാക്കി അഭിമാനിക്കൂ ഇതാ ഈ റെഫ്രിജറേറ്റർ കണ്ടോ ഇതിന്റെ സവിശേഷത എന്തെന്നാൽ ഈ റഫ്രിജറേറ്റർ അരമണിക്കൂർ പ്രവർത്തിച്ചതിനു ശേഷം വൈദ്യുതി പോയാലും പോയില്ലെങ്കിലും നോ പ്രോബ്ലം നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതുപോലൊരു റെഫ്രിജറേറ്റർ നിങ്ങളുടെ ജന്മത്തിൽ നിങ്ങൾക്ക് വേറെ ലഭിക്കാൻ പോകുന്നില്ല എവിടെ നോക്കട്ടെ ഞങ്ങളുടെ ഇലക്ട്രോണിക് സ്ഥാപനം പത്താം വർഷത്തിലേക്ക് പാദമോന്ന ഈ മാസം ഞങ്ങളുടെ ഷോറൂമിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നവരുടെ നമ്പറുകൾ നറുക്കിട്ടെടുത്ത് അഞ്ച് കിലോ സ്വർണം പാരിതോഷികമായി നൽകുന്നതാണ് ഇതാ ഈ ടിഫിൻ ബോക്സ് ശ്രദ്ധിച്ചോ വളരെ മനോഹരമായത് കയ്യിൽ ഒതുങ്ങുന്നത് ഒരു ദിവസം പൂർണമായും ഭക്ഷണത്തിന്റെ ചൂടും രുചിയും സംരക്ഷിച്ചു നിർത്തുന്നത് ഞാൻ എടുക്കട്ടെ വീട്ടിൽ ചോദിച്ചിട്ട് വാങ്ങാ ശരി എടുത്തോളൂ വിപണിയിൽ മത്സരം ഏറിയതോടെ ുംക വാങ്ങിയതിനു ശേഷമാണ് ഓരോ സാധനങ്ങളുടെയും ഉപയോഗത്തെ കുറിച്ചും അവ നൽകുന്ന സൗകര്യത്തെ എനിക്ക് ബോധ്യമായത് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരു റെഫ്രിജറേറ്റർ എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് അത് വാങ്ങിയത് രാവിലെയും വൈകുന്നേരവും ഭക്ഷണം പാകം ചെയ്യുന്ന ജോലി കുറഞ്ഞു കിട്ടിയാൽ തന്നെ കുറെയേറെ വിശ്രമ സമയം കിട്ടുമെന്നൊക്കെ കരുതിയതാണ് ഒന്ന് രണ്ടാഴ്ച അതിലൊരു സുഖം തോന്നുകയും ചെയ്തിരുന്നു പിന്നെ പിന്നെ അതിൽ വലിയ കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായി ജീവിതം ഒരേ രീതിയിൽ ആവർത്തിക്കുമ്പോൾ ഭൂതകാലത്തിൽ ജീവിക്കുന്നത് പോലെ ഒരു തോന്നൽ ഇന്നലെയുടെ ഭാഗ്യ ഭക്ഷിച്ചതം ഒരിക്കലും കുടുംബവീട് വിട്ടു നിൽക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല സ്വന്തം നാട് വിട്ട് മറ്റൊരു സമൂഹത്തിൽ ചെന്ന് പാർക്കുന്ന കാര്യം ആലോചിക്കാനേ കഴിഞ്ഞിരുന്നില്ല റോഡും മറ്റു ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും എന്റെ ഗ്രാമത്തിൽ ശുദ്ധവായുവും ശുദ്ധജലവും ഉണ്ടായിരുന്നു ദരിദ്രരെങ്കിലും സ്നേഹസമ്പന്നരായ മനുഷ്യരുണ്ടായിരുന്നു ഭർത്താവിന്റെ മരണശേഷം പെങ്ങൾ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയത് ആദ്യമൊക്കെ വളരെ നല്ല നിലയിൽ ഒത്തൊരുമിച്ച് കഴിഞ്ഞിരുന്നുവെങ്കിലും പതുക്കെ പെങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി കുടുംബമായി നിന്നവർക്ക് പുറത്തുനിന്ന് വരുന്നവരെ കൂട്ടത്തിൽ ചേർത്ത് കുടുംബമാക്കാനുള്ള എന്തോ വൈമനസ്യമാകാം അതിന് കാരണം ഭർത്താവ് മരിച്ച് വന്ന മകളെന്ന നിലയിൽ അച്ഛനും അമ്മയ്ക്കും അവളോട് പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു ഞാനും അവളോട് അങ്ങേ എത്തിയ സ്നേഹത്തോടു കൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ എന്നാൽ നിർമ്മലയും പെങ്ങളും തമ്മിൽ എല്ലാം ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോകാൻ ആലോചിച്ചിരിക്കുകയാണ് നിർമ്മലയുടെ സഹപ്രവർത്തകരിലൊരാൾ ഈ ഹൗസിംഗ് കോളനിയിൽ ഒരു വീട് വിൽപ്പനയ്ക്കുണ്ടെന്ന് പറഞ്ഞതും വീട് വാങ്ങി താമസം തുടങ്ങിയതും പിന്നെ മനസ്സിന്റെ ഭിത്തിമേൽ അവശ്യ സാധനങ്ങളുടെ ഒരു പട്ടിക ആരോ തൂക്കിയിട്ടിരിക്കുന്നു ഓരോ ദിവസവും ഉറങ്ങി എഴുന്നേൽക്കുമ്പോ എന്തെങ്കിലും ഒരു ആവശ്യം മനസ്സിനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും കുടുംബ വീട്ടിലാകുമ്പോ സമൃദ്ധിയുടെ നിറവിലാണെന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടായിരുന്നു കോളനിയിലേക്ക് മാറിയതോടെ എന്തെന്നില്ലാത്തൊരു ചൂടും വേവലാതെ കോളനിയിലെ ഓരോ വീടും പ്രലോഭനത്തിന്റെ വാസഗൃഹങ്ങളാണെന്ന് വിശ്വനാഥം പറയുന്നത് ശരിയാ എപ്പോഴും ഏത് കാര്യത്തിലും ഓരോ കുടുംബവും അന്യോന്യം താരതമ്യം ചെയ്തു നോക്കുന്നു ഓരോ അടുക്കളയിലും ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുമ്പോ ചിലർ മറ്റുള്ളവരെക്കാൾ മുന്നേ കുതിക്കാനും പിന്തള്ളപ്പെടുന്നവർ മറ്റുള്ളവരോടൊപ്പം ചെന്നെത്താനുമുള്ള തത്രപ്പാടിൽ മാനാഭിമാനങ്ങളും മനുഷ്യത്വവും ഒക്കെ വീടും പറമ്പും രജിസ്റ്റർ ചെയ്യുമ്പോൾ മേനോൻ സാറിന് കൊടുക്കാൻ തുക തയ്യാതെ വന്നപ്പോൾ സൂരജ് മുഖാന്തരം പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരാളിൽ നിന്നും കുറച്ച് രൂപ വായ്പയായി വാങ്ങിയിരുന്നു അത് തിരിച്ചടയ്ക്കാമെന്നേറ്റ തീയതിക്ക് കൃത്യം രാവിലെ തന്നെ അയാൾ വീട്ടിൽ വന്നു സൂരജ് പറഞ്ഞതുപോലെ ആളൊരു കണിച്ചക്കാരൻ തന്നെ കുട്ടികൾ സഞ്ചരിക പദ്ധതിയിൽ നിക്ഷേപിച്ച കുറച്ച് രൂപയുണ്ടായിരുന്നു മറ്റു വഴിയൊന്നും മുന്നിൽ തെളിയാത്തപ്പോൾ അതെടുത്തുകൊടുത്ത് അയാളുടെ ബാധ്യത തീർത്തു ഒരു സാധനം വായ്പ വാങ്ങിയാൽ തരാന്ന് പറഞ്ഞ ദിവസം തന്നെ അത് തിരിച്ചു തരണം വിശ്വസാഥ മാഷപ്പോലെ ഇന്നെ അയാൾക്കുള്ള വിശ്വാസം മുഴുവൻ തകർന്നു പോകാൻ വലിയ പണിയൊന്നുമില്ല ഒരിടത്തെ കുഴി എനിക്ക് മറ്റൊരിടത്ത് കുഴിക്കേണ്ടി വരുന്നുവെന്ന് അയാൾ ഇലക്ട്രോണിക്സ് ഷോപ്പിൽ നിന്നും കാർഡ് വന്നിട്ടുണ്ട് അടുത്ത തവണ കൂടി പണമടച്ചില്ലെങ്കിൽ ടിവിയും റെഫ്രിജറേറ്ററും ഒരു മുന്നറിയിപ്പുമില്ലാതെ എടുത്തുകൊണ്ടുപോകുമെന്ന് കൊണ്ടുപോകട്ടെ ടിവിയും മാത്രമല്ല നമ്മളെ കൂടി അവർ പൊക്കിയെടുക്കട്ടെ എന്തോ ഒരു മണമുണ്ടല്ലോ ഓഹോ ഇന്ന് നല്ലോണം കുടിച്ചിട്ടുണ്ട് അല്ലേ ഓ അത്രക്കൊന്നും ഇല്ല വേണ്ടാ വേണ്ട പറഞ്ഞത് പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഒരു കമ്പനിക്ക് പിന്നെ പിന്നെ നിങ്ങൾക്കിങ്ങനെ വെറുതെ എപ്പോഴും വാങ്ങി തരാൻ ആളുകളെ കീശയില് കാശുവായി ക്യൂ നിൽക്കുകയല്ലേ ജീവിതം വലിയ ഭാരമാകുമ്പോൾ അല്പം ഒരു അല്ല നീ തന്നെയല്ലേ പറഞ്ഞത് ഏതോ ഒരു ഡോക്ടറുടെ ലേഖനത്തിൽ മദ്യം കുറഞ്ഞ അളവിൽ കഴിക്കുന്നതിൽ നല്ലതാണെന്ന് എഴുതിയിട്ടുണ്ടെന്ന് ശരി എങ്കിൽ നാളെ മുതൽ ഞാനും അല്പം മദ്യം കഴിച്ചിട്ട് വരാ അല്ല എനിക്കൊരല്പം അയവ് വേണ്ടേ ഞാൻ ചുമക്കുന്ന ഭാരവും എവിടെയെങ്കിലും കൊള്ളാം നല്ല ഒരു ഫലിതം ആര് പറഞ്ഞാലും എനിക്ക് എപ്പോഴും ആസ്വദിക്കാൻ കഴിയും ഈ വർഷത്തെ ഏറ്റവും രസകരമായ പറഞ്ഞു സമയം കളയാതെ തിന്നാൻ എന്തെങ്കിലും ഇലക്ട്രോണിക് ഷോപ്പുകാർ എല്ലാം എടുത്തുകൊണ്ട് പോയിക്കോട്ടെ എന്ന് ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞുവെങ്കിലും നാളെ അവർ വന്ന് ടിവിയും റെഫ്രിജറേറ്ററും മറ്റുമെടുത്ത് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നതും കോളനിയിലെ മറ്റു വീട്ടുകാരെല്ലാം വാതിക്കിൽ വന്ന് ഞങ്ങളുടെ ദയനീയമായ കാഴ്ച ഒരു ചെറുപുഞ്ചുരിയോടെ കണ്ടു നിൽക്കുന്നതുമൊക്കെ സങ്കല്പിക്കുമ്പോൾ നിർമ്മലയും ആതിരിയും തലകുനിച്ചു നടക്കേണ്ടി വരും ഒന്നുമ്പോൾ ആ ഇലക്ട്രോണിക്സ് കച്ചവടക്കാരുടെ ചൊറയൊഴിവാക്കാൻ ഒരു വഴി തേടുകയാട്ട് ഒന്നും കാണുന്നില്ല അയ്യോ ഇന്ന് വന്നിട്ട് കാര്യൊന്നും ഇല്ല കേട്ടോ ശമ്പളം കിട്ടിയിട്ടില്ല ആ പിന്നെ ഞാൻ എത്രയാ തരാനുള്ളത് ഒന്ന് നോക്കിയേ നിങ്ങള് നാനൂറ്റി എഴുപത്തി അഞ്ചു കണ്ടു ആ ഇന്നൊന്നും അടുത്ത മാസം വന്നാ തരാം അല്ല അന്ന് ഞാൻ പറഞ്ഞ ചുവന്ന സാരി കൊണ്ടുവന്നിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഇതിന്റെയും കൂടി എഴുതി ഹലോ പ്രസന്നൻ കണ്ടിട്ട് എത്ര കാലിഷ്ട നീ എന്താ ഇവിടെ ഞാനൊരു റിഫ്രഷർ കോഴ്സിൽ വന്നതാ ഏറെ നാൾ കൂടി കാണുന്നതല്ലേ എടാ നിന്നെ ഞാൻ ഇന്ന് സൽക്കരിക്കട്ടെ വാ എടാ നീ മദ്യപിക്കാറുല്ലേ എപ്പോഴും വീട് കുടുംബം എന്നൊക്കെ പറഞ്ഞ് ജീവിതം ഇങ്ങനെ പാഴാക്കില്ല ചങ്ങാതി നിനക്ക് അങ്ങനെയൊക്കെ പറയാം ജീവിതത്തെ വളരെ ലാഘവത്തോട് കൊണ്ടു നടക്കാൻ നിനക്ക് എന്നാൽ എന്റെ കാര്യം അങ്ങനെയല്ലട തീർത്താൽ തീരാത്ത കടങ്ങൾ പങ്കപ്പാടുകൾ എടാ ആദ്യം വേണ്ടത് അവനവനെ തിരിച്ചറിയുക ഒരു മനുഷ്യന് അവന്റെ പരിമിതികളും സാധ്യതകളും കണ്ടെത്താൻ കഴിഞ്ഞാൽ തന്നെ ജീവിതം അങ്ങേറ്റവും ആഹ്ലാദകരമാക്കി തീർക്കാൻ സാധിക്കും അതിന് ധ്യാനം എന്തെന്നറിയണം നിനക്കറിയൂ അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഒരാഴ്ച നീണ്ടു ഒരു മെഡിറ്റേഷൻ ക്യാമ്പുണ്ട് നീ വരണം നീ ഒരാഴ്ച ലീവെടുത്തെന്ന് വെച്ച് ഭൂമിയുടെ അച്ചുതണ്ട് പൊട്ടിപ്പോകൊന്നും ഇല്ല കേട്ടോ ശരി വിശാമാസ വീടല്ലേ അതെ വിശ്വാദം ഇത് തന്നെ വീട് അടഞ്ഞെടുക്കാണല്ലോ മാഷല്ലേഷ് ധ്യാനോത്സവം കഴിഞ്ഞ് ഇന്നലെ വന്നു വിളിച്ചു അകത്തുണ്ടാവും മാഷ അകത്ത് ധ്യാനിക്ക ഇപ്പം വരുംരിക്കേ വേഗം തീരില്ലേ ഓ എപ്പ തീരുമെന്ന് ദൈവത്തിനെ അറിയൂ അദ്ദേഹം ഇപ്പൊ ശവാസനത്തിലാ സ്വപ്നത്തിൻ്റെ അവശിഷ്ടങ്ങൾ നാടകം സമാപിക്കുന്നു രചന ദാമോദരൻ കുളപ്പുറം അഭിനേതാക്കൾ രചിതാ മധു ജോയി വെമ്പുവ ജയരാമൻ ചെറുവത്തൂർ ബാലൻ പാടിയിൽ സി പി ഭാസ്കരൻ കൊയ്യം ബാബുരാജ് അയ്യല്ലൂർ ബാലകൃഷ്ണൻ ചാലി സംവിധാനം വി